ും ആത്മസ്വരുകളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ആദ്യമായി മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറോടും വൈസ് ചാൻസലറോടും മറ്റധികാരികളോടും ഈ അവസരത്തിനും അവസരത്തിനും ബഹുമതിക്കും നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ സ്നേഹവും സൌഹാർദ്ദയും എന്ന നിലനിൽക്കാൻ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു മാനവസേവയാണ് മാതവ് സർത്താ ആദർശ ആദിച്ചോടുള്ള മൈസൂർ യൂണിവേഴ്സിറ്റിക്കുള്ള അതിരറ്റ് ഈ ബഹുമതിയിലൂടെ അമ്മ ദർശിക്കുന്നത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മക്കളുടെ സമർപ്പണ ബുദ്ധിയുള്ള പ്രയത്നം കൊണ്ടാണ് മഠത്തിന് എന്തെങ്കിലും ചെറുതായ സേവനം ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് ഈ ബഹുമതി അവിടെ ആത്മാർഥതയ്ക്കും നിറഞ്ഞ നന്ദിക്കും മുമ്പിൽ അമ്മ സമർപ്പിക്കുന്നു പൂവും മഠവും വാക്കും അർത്ഥവും വിളക്കും പ്രകാശവും പോലാണ് ും വിജ്ഞാനവും എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ സമ്രാദത്തേല് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദത്തേല് ഇവരെ ശേഖരണത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നു അതിനെ വിവേഹത്തിന്റെ പ്രകാശം ഇല്ലാതായി കൊണ്ട് ഇരിക്കുന്നു അതുകൊണ്ട് വിജ്ഞാനം വളരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിജ്ഞാനം വളരുന്നു എന്ന് പറയുന്നത് നമ്മള് വിജയം വളരുന്നതിന് സൂര്യൻ ഉദിച്ച് അന്ധകാരം മാറിയിട്ടില്ല എന്ന് പറയുന്ന പോലാണ് പലതരത്തിലും നിറത്തിലും വർണ്ണത്തിലുമുള്ള അനേകായിരം പുഷ്പങ്ങളടങ്ങിയ മനോഹരമായ ഒരു പൂന്തോട്ടം അവിടെ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നുവെങ്കിൽ ആ പൂന്തോട്ടത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം വിദ്യാഭ്യാസ സമ്പ്രദായത്തില് റിഞ്ഞോ അറിയാതെയോ വലിയൊരാശയക്കുഴപ്പം കടന്നുകൂടിയിട്ടുണ്ട് അത് കാരണം വിവേകവും വിവരശേഖരണവും രണ്ടായി നമ്മള് വേർതിരിച്ചിരുന്നു തെറ്റായ സമീപനമാണ് ഇത് അമ്മ ഓർക്കുന്ന കഥ ഒരാളെ വയറ്റിനും കണ്ണിനും അസുഖമായി ഡോക്ടറെ സമീപിച്ചു അപ്പൊ ഡോക്ടർ വയറ്റിനുള്ള മരുന്നും കൊടുത്ത് കണ്ണിനുള്ള മരുന്നും കൊടുത്തു എത്ര മണിക്ക് വയറ്റിലുള്ള മരുന്ന് കഴിക്കണം കണ്ണിലുള്ള മരുന്ന് ഒഴിക്കണം പറയും അദ്ദേഹം മരുന്നെടുത്ത് കെട്ടിക്കൊണ്ടുപോയിട്ട് വയറ്റിനെ കഴിക്കേണ്ട മരുന്നെടുത്ത് കണ്ണിലൊഴിച്ചു കണ്ണിലൊഴിക്കേണ്ട മരുന്നെടുത്ത് വയറ്റിനെയും കഴിച്ചു രണ്ടും ക്ലാഫായി ഇതുപോലൊരു ഭാവമാണ് നമ്മൾ പറ്റിയിരിക്കുന്നത് കൊടുക്കേണ്ട സ്ഥാനം ശരീരത്ത് കൊടുത്തുകൊണ്ട് രണ്ടിനും പ്രായോഗികമാകാതെ എന്തൊരവസ്ഥയിലേക്കാണ് ാണ് ഇന്ന് കമ്പനികളും ബിസിനസ് സ്ഥാപനങ്ങളും മാനേജ് ചെയ്യുന്നതിന് ചെയ്യാനുള്ള ചെയ്യുന്ന എം ബി എ പോലുള്ള യോഗ്യതകൾ കൈവരിക്കാൻ പലരും കൈവരിക്കുന്നുണ്ട് അഞ്ഞൂറ് പേരുള്ള കമ്പനി മാനേജ് ചെയ്യാന്ന് വെച്ചാൽ അഞ്ഞൂറ് മനസ്സുകൾ മാനേജ് ചെയ്യാന്ന് എന്നാൽ സ്വന്തം മനസ്സിനെയും ചിന്തകളെയും നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുന്നില്ല ബാഹലോകത്തെയും വസ്തുക്കളെയും മാനേജ് ചെയ്യുന്ന പോലെ തന്നെ ആന്തരികലോകത്തെയും മനസ്സിനെയും വികാരങ്ങളെയും മാനേജ് ആവശ്യമാണ് എല്ലാം ഇല്ലെങ്കിൽ മനുഷ്യന്റെ വ്യക്തിന്റെ ഒരു ഭാഗം മാത്രമേ വികസിക്കുകയുള്ളു ജിമ്മിൽ പോയി കൈയുടെ മസിൽ മാത്രം വളരാനുള്ള വ്യായാമം ചെയ്യുന്ന പോലെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസം അങ്ങനെ ചെയ്താൽ ആ ഭാഗത്ത് മസിൽ മാത്രമേ വികസിക്കുകയുള്ളൂ മറ്റെല്ലാം നുവാദമില്ലാതെ വികൃതമായി തീരും നമ്മള് ഇമ്പ സാധാരണ നമ്മളെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊക്കെ പലരും ബോധവാന്മാരാണിപ്പോഴും സാധാരണ വ്യായാമം ചെയ്യുന്ന പുരോഗതി കാണിക്കുന്ന അതിൻ്റെ പ്രോഗ്രാമുകൾ ഐഫോണിലും വാച്ചിലും ഒക്കെ വെച്ചിട്ടുണ്ട് പുരോഗതി കാണിക്കുന്നു ചെയ്തു വെച്ചിട്ടുണ്ട് നാം മനസ്സിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ ഏത് സംവിധാനമാണെന്നുള്ളത് മനസ്സിന്റെ ആരോഗ്യവും ശരീരത്തിനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ശരീരം അനങ്ങുന്നതനുസരിച്ച് ആരോഗ്യം വർദ്ധിക്കും മനസ്സനങ്ങാതിരിക്കുന്നതിനനുസരിച്ചാണ് മനസ്സിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നത് എന്നാൽ ഇന്ന് ശരീരം അനങ്ങാതിരിക്കുകയും മനസ്സ് കൂടുതൽ കൂടുതൽ ചെയ്യുന്നതാണ് കാണുന്നത് അവിടെ എന്താണ് എന്താണ് നമുക്ക് പറ്റിയ കുഴപ്പമൊന്നു മനസ്സിലാക്കേണ്ടിരിക്കുന്നത് അപ്പൊ ഐ പഠിച്ച കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അയുത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായി അപ്പൊരുമോൻ ചോദിക്കുകയാണ് അമ്മയുടെ അമ്മ എം പഠിച്ചു വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതാണ് അല്ലാത്ത ടെൻഷൻസ് ആയിട്ടുണ്ട് ഇതെന്താണെന്ന് ചോദിക്കുക നമ്മുടെ പഠിത്തം ബാഹ്യമായി നമ്മളിപ്പോ പഠിക്കുന്നെന്ന് വെച്ചാൽ രണ്ടു രീതിയിൽ ജീവിക്കാനുള്ള വിദ്യാഭ്യാസം ജീവിതത്തിനുള്ള വിദ്യാഭ്യാസം ആയിട്ട് പഠിക്കണം ജീവിതത്തിനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും അപ്പം നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന പുറത്ത് കണ്ടീഷൻ ആക്കാനാണ് അതിലുറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറക്കമുള്ളി കഴിക്കുന്നത് കാണാം ചിലരാൾ കിടന്ന് ആത്മഹത്യ ചെയ്യുന്ന വസ്തുവാണ് ആനന്ദം കൊടുത്തെങ്കിൽ അങ്ങനെ വരണ്ട ആവശ്യമില്ല മനസ്സിനെ ആശ്രയിച്ചു മനസ്സിനെ എയർ കണ്ടീഷനാക്കുന്ന തത്വമാണ് ആധ്യാത്മിക എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇപ്പോഴത്തെ കാറുകളിലൊക്കെ ഒരു സോഫ്റ്റ്വെയർ സ്ഥാപിച്ചിട്ടുണ്ട് എവിടെ പോകണമെങ്കിലും ഏത് സ്ഥലത്ത് പോകണമെന്ന് അത് ചെയ്തു വെച്ചാൽ തെറ്റിപ്പോയാൽ എടുത്തു പറഞ്ഞ് തെറ്റേ തെറ്റേ അതുപോലെ മൂല്യം അല്ലെ മനസാക്ഷി എന്നുള്ളത് നമ്മളിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ് ഇന്ന് പലരും പറയും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എടുത്തു പറയേണ്ട സ്ഥിതിയാണ് കേട്ടാത്തൊന്നും സാധാരണ വിദ്യാഭ്യാസത്തിന് മൂല്യം വാസ്തവത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം യഥാർത്ഥ വിദ്യാഭ്യാസത്തിനാണ് യഥാർത്ഥ മൂല്യം പക്ഷെ ഇന്ന് മൂല്യം അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറയുമ്പോ ഒരു സാറ് കുട്ടിയോട് ചോദിക്കുകയാണ് മോനിയെ നിന്റെ ചെവി രണ്ടും നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യും അയ്യോ സാറേ എനിക്കിപ്പോ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ അവിടെ നീ എന്ത് നീ എന്താ പറയുന്നത് ചെവി കൊണ്ടോടാണ് എല്ലാം കാണുന്നത് നമ്മുടെ ചീത്ത വിളിക്കാനോ നീ കുട്ടി ഒരു കൂസില പറഞ്ഞു സാറേ ചെവിയില്ലെ ഞാൻ എങ്ങനെ കണ്ണാടി വെക്കുന്ന സാറേ അപ്പോഴേ ഇതുപോലാണ് ഇതൊരു തമാശയാണേലും ഇന്നത്തെ വിദ്യാഭ്യാസം ഏതാണ്ട് ഇതുപോലായിക്കൊണ്ട് ഇരിക്കുന്നവളാണ് വ്യക്തിയെയും സമൂഹത്തെയും പ്രകൃതിയെയും ജീവിതത്തെയും യോജിപ്പിച്ചു നിർത്തിയിരുന്ന ഏതൊന്നോ അതിന്ന് വിദ്യാഭ്യാസത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആധ്യാത്മിക മൂല്യം എന്ന് പറയുന്നത് കുടുംബമാണ് സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം അവിടെ മുതല് അങ്ങേറ്റം വരെ എല്ലാ സ്ഥലങ്ങൾക്കും സ്ഥാപനത്തിനും ഒരു ഘടനയുണ്ട് ആ ഘടന പാലിക്കാനും എല്ലാവരും ബാധ്യത ബാധ്യസ്ഥനാണ് അതുപോലെ പ്രപഞ്ചത്തിന്റെ ഘടനയാണ് ആധ്യാത്മിക ആധ്യാത്മിക വല്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ധർമ്മം എന്ന് വിളിക്കും ആ ധർമ്മം നമ്മൾ സാറിന് പറയാനുണ്ട് അതിനെ അറിയുകയും പാലിക്കുകയും ചെയ്യേണ്ടത് ഓർ നമ്മൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് ഈ സത്യത്തെക്കുറിച്ച് കുട്ടികളെ നമ്മൾ ബോധവാന്മാരാക്കണം പ്രപഞ്ച നീപു ലംഘിക്കാൻ ആരാൽ സാധ്യമല്ല അവിടെ മനുഷ്യ നിയമം തകർക്കപ്പെടുമെന്നുള്ളതാണ് എനിക്ക് ഗുരുതാകർഷത്തിൽ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ ഒരാള് പത്ത് തലയുടെ മുകളിൽ നിടിച്ചു ചാടിയാൽ ആകർഷണ സ്ഥാനത്തെ ഇല്ലാതാക്കാൻ സാധിക്കും അനുപോലും കയ്യോ കാലം ഓടിഞ്ഞിരിക്കും പുരാതന ഭാരത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആത്മീയെന്നും വേർതിരിച്ചിട്ടില്ലായിരുന്നു അവരെ വിദ്യാഭ്യാസം തുടങ്ങുമ്പോഴും പൂർത്തീകരിക്കുമ്പോഴും ആചാര ശിഷ്യനോട് ആവർത്തിച്ച് അവർച്ച് പറയുന്നൊരു കാര്യമുണ്ട് സത്യം വധ ധർമ്മം ചേരുന്നതാണ് വിവേകവും മൂല്യങ്ങളുമാണ് മൂല്യങ്ങളും എള്ളും എണ്ണയും പോലെ അവിടെ ഒന്നായിരുന്നു ഋഷീശ്വരന്മാരെ സയൻസിനെയും ആധ്യാത്മികയും രണ്ടായിട്ട് കണ്ടിട്ടില്ല ഒരു പക്ഷിയുടെ രണ്ട് ചിറവ് പോലാണ് പക്ഷെ ഇന്ന് നമ്മള് സയൻസിന്റെ ആത്മാധ്യാത്മികൻ രണ്ടായി വേർതിരിച്ച് നമ്മൾ വിദ്യാർത്ഥിയോട് ചെയ്ത രീതിയിലുള്ള ഏറ്റവും വലിയ തെറ്റിലൊന്നാണ് അതെന്ന് പറയുന്നത് വിജ്ഞാനം ഒരു നദി പോലാണ് ഒഴുകുക എന്നുള്ളതാണ് സ്വഭാവം നിരന്തരം ഒഴുകുക സ്വഭാവം എവിടെയെല്ലാം ഒഴുകിയെത്താമോ അവിടെയെല്ലാം ഒഴുകിയെത്തി സംസ്കാരത്തെ പുഷ്ടിപ്പെടുത്തുന്നു എന്നാൽ അതേ വിജ്ഞാനത്തിന്ന് മൂല്യങ്ങൾ വിട്ടുപോയാൽ അത് ആസുരമായി തീരും ലോകത്തിൽ നിന്ന് മൂല്യവും വിജ്ഞാനവും മൂല്യവും കൂടി ഇണങ്ങി ചേരുമ്പോഴാണ് അത് മനുഷ്യനിർമ്മയ്ക്കുള്ള ഏറ്റവും ശക്തമായ ഉപകരണമായി മാറുന്നത് ചെറിയ ശരിയിൽ വലിയ ശരിയായിക്കുള്ള പ്രയാണമാണ് ഭൗതിക വിജ്ഞാനത്തിന്റെ മാർഗം അതുപോലെ നമ്മൾ അതുപോലെ തന്നെ അത്യന്തിമായ ജീവിത സാഫല്യമാണ് ആധ്യാത്മയുടെ ലക്ഷ്യം കാണപ്പെടുന്നവനും കാണപ്പെടുന്ന പ്രപഞ്ചവും കാണുന്ന വ്യക്തിയും അടിസ്ഥാനമായി ഒരേ തത്വം ആണെന്ന അറിവിന്റെ അറിവിന്റെ ലോകത്തിലേക്ക് നാണോ ഭൗതിക ശാസ്ത്രം എന്ന് എത്തി നോക്കുന്നു ഭൗതിക ശാസ്ത്രം എത്തി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആധ്യാത്മികയും ഭൗതിക വിജ്ഞാനവും പരസ്പരം കൈകോർക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ വഴിപാത വഴിപാതക്കലും പഠിക്കലാണ് നമ്മള് മനുഷ്യരാശി വന്നു നിൽക്കുന്നത് നമുക്ക് രണ്ട് ദുരിതത്തിലുള്ള ദാരിദ്ര്യം ഉണ്ടെന്ന് പറയും ഒന്ന് ആഹാരവും വസ്ത്രവും വീട് വില്ലാതെ ദുഃഖിക്കുന്നവര് രണ്ടാമത് സ്നേഹവും കാരണവും കിട്ടാതെ ദാരിദ്ര്യം ദുഃഖിക്കുന്നു ദാരിദ്ര്യം അനുഭവിക്കുന്നു രണ്ടാമത്തേത് ആദ്യത്തെ വന്നാൽ നമുക്ക് രണ്ടും ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ആ സ്നേഹം വരുമ്പോൾ നമ്മൾ ആശ്രമ നൂറ്റിയെട്ട് ഗ്രാമങ്ങളെ ആശ്രമത്തിൽ എത്തടിച്ചു അവിടെ പല രാജ്യത്തിലുള്ള കുട്ടികളും ഭാരതത്തിലെ കുഞ്ഞുങ്ങളും അവിടെ കോളേജിൽ വന്ന് പേപ്പർ എഴുതാൻ പോകും ഈ ഗ്രാമങ്ങളിൽ പോയി പോയപ്പോഴ് അവർക്ക് ആ സാധുക്കൾ കണ്ട സമയത്ത് സ്നേഹം അവരിൽ വന്നു അപ്പോൾ ആ സ്നേഹം വന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ ആഡംബരമായി ജീവിച്ച പല മക്കളും അത് ഒഴിവാക്കിയിട്ട് സഹായിക്കാൻ തുടങ്ങി ആ സ്നേഹം തന്നെ അതോടൊത്ത് കാരുണ്യം അവൽ വന്നു അപ്പൊ നമ്മൾ ഇന്ന് സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയുടെ മാർഗിടുന്നത് എത്ര പേപ്പർ എഴുതി അല്ലെങ്കിൽ എത്ര ഫണ്ട് കൊണ്ടുവന്ന് എത്ര ബുദ്ധിപരമായ കാര്യങ്ങൾ ഒക്കെ കണ്ടുപിടിച്ചു എന്നത് വെച്ചാണ് അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്യേണ്ടത് ഒന്നുകൂടി ഇന്നത്തെ ലോകത്തിൽ അന്ന് ഗുരുകൂലത്തു വിദ്യാഭ്യാസം തുടങ്ങുന്നത് പഴയ കാലത്ത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഇന്ന് അതില്ല സിമെന്റ് ഇല്ലാതെ കിട്ടുന്ന ഗോപുരം പോലാണ് അമൂല്യം ഇല്ലാത്തതുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ പേത്ര പേപ്പർ എഴുതി എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഈ എഴുതിയ പേപ്പറുകള് താഴെക്കിടയിലുള്ള ഈ ഗവേഷണങ്ങള് താഴെക്കടയിലുള്ളവർക്ക് എത്ര സഹായകരമായിരുന്നു അവരോട് സ്നേഹം എന്ത് സ്നേഹഭാവം നമുക്ക് അവരോട് തോന്നി ആ ഒരു മനസ്സിനെ അലിയിക്കുന്ന ഭാവം കൂടി നമുക്ക് വേണം വികസിക്കൂണ് മനസ്സിനെ വികസിണെങ്കിൽ ഒരു പഠിത്തം കൊണ്ട് മാത്രം നമുക്ക് വളരാൻ പറ്റില്ല സേന എഴുതി ഇണക്കിയ മധുരം കിട്ടിയില്ലല്ലോ അതങ്ങനെയുള്ളവരെ പോയി കൊണ്ട് കാണിച്ചു കൊണ്ടും നമ്മൾ ഒരു പഠിത്തം കൂടെ കൊണ്ടുവരണം അത് അതാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഒന്നുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ശ്രമിച്ചാൽ നമുക്ക് ആ ഒരു കുഞ്ഞുങ്ങളിലും ആ ഒരു കാരുണ്യം വരും അതോടൊത്ത് ഈ ഭൂമിയെ തന്നെ നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും സ്വർഗം ആകാശിനപ്പുറത്തല്ല ഭൂമിയിൽ തന്നെ നമ്മളിൽ ഈ കാരുണ്യമുള്ള ഹൃദയത്തിലാണ് ഐശ്വന്റെ വാസവെന്ന് പറയുന്നത് സനാതനധർമ്മത്തിലെ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല സ്വന്തത്തിൽ വെള്ളമുണ്ട് തിരയിലും വെള്ളമുണ്ട് സ്വർണ്ണത്തിലും കമ്മലുമാലും ഉണ്ട് കമ്മലുമാലും സ്വർണ്ണമുണ്ട് ഇഷ്ടാഘാസത്തിന് അപ്പുറത്തല്ല സകല ചരാത്തിനും കുടികൊള്ളുന്നാണ് സൂര്യന് എഴുതിരുടെ ആവശ്യം മറ്റുള്ളവരോട് കാണിക്കുന്ന കാരണം അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു താളമുണ്ട് ഈ വിശ്വത്തിനും അതിലെ സകല ജീവിതത്തിന് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന നെറ്റ്വർക്ക് പോലാണ് വിശ്വം നാലുപേര് ചേർന്ന് പിടിച്ചിരിക്കുന്ന വലയുടെ കോണിൽ ചലനം ഉണ്ടായാൽ അതെല്ലാവരുടെയും പ്രതിഫലിക്കും അതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒറ്റയായോ കൂട്ടമായോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വിശമാകുന്ന വലയുടെ പ്രതിഫലിക്കുന്നുണ്ട് നമ്മൾ ഒറ്റപ്പെട്ട ദ്വീപല്ല ഒരു ശൃംഖലയുടെ കണ്ണിയാണ് അവരുമാര് നമ്മൾ മാറാൻ നടക്കില്ല ഒരു മാറിയില്ലും നമ്മൾ മാറിയാൽ ആ വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഏതൊരു പ്രയത്നത്തിനും കാലം പ്രയത്നം ഈശ്വര ഇത് മൂന്നും കൂടി ചേർന്നിരിക്കുകയാണ് നമ്മളിപ്പോ ഒരു ലേലം പിടിക്കാൻ പോന്നു ലേലത്തിന് പോകണ്ടേ ഇത്ര മണിക്ക് അവിടെ എത്തണമെന്നാണ് അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ എത്തണോന്നാണ് എന്നുവെച്ചാൽ നമ്മൾ സമയത്തിന് ഇറങ്ങി കാലത്തിന് ഇറങ്ങി വണ്ടി കയറി വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആകാം ലാക്സിൻ കാലവും പ്രയത്നവും ഉണ്ടായിട്ട് ഈശ്വര കൃപയില്ലാത്തതുകൊണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല ഒരുപക്ഷേ നമ്മൾ ഇറങ്ങി വണ്ടി കയറി പ്ലീസ് സ്റ്റേഷനിലെത്തി അവിടെ ചെല്ലുമ്പോഴായിരിക്കാം പ്ലെയിൻ എഞ്ചിന്റെ പ്ലെയിൻ്റെ എഞ്ചിൻ കാർഡാണ് അല്ലെ കാലാവസ്ഥ ശരിയല്ല എന്ന് പറയും അപ്പൊ അവിടെ കാലവും പ്രയത്നവും ഉണ്ടായിട്ട് ഈശ്വര കൃപയില്ലാത്തോണ്ട് ആ കർമ്മം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഏത് കർമ്മവും മധുരമാക്കണമെങ്കിൽ ഈ കൃപ വേണം കൃപക്ക് നമ്മൾ ആ നല്ല കർമ്മം ഉണർത്തിയെടുക്കണം നല്ല ഭാവന ഉണർത്തി വെക്കണം അറിവിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുകയും കാരുണ്യത്തിന് കൈകളിലൂടെ ദുഃഖികൾക്ക് ആശ്വാസം നൽകുകയും ചെയ്താൽ ഒരു ശാന്തിയുടെയും ആനന്ദ തീർച്ചയായും ചെന്നാണയാ അങ്ങനെ ലോകമെമ്പാടുമുള്ള ഭൗതികവും ആധ്യനമായ വിജ്ഞാനത്തിന്റെ അറിവുകളെ ഒന്നിച്ചു ചേർത്ത് ഒരു മഹാനദിയാക്കി മാറ്റാം മനുഷ്യരാശിക്ക് ജീവജലം പകർന്നു വരുന്ന ഉത്കൃഷ്ട സംസ്കാരത്തിന്റെ പുഷ്പവാടകളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ അനു കൃപ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ